പുരം ഏക അജവ്രചേതസാ ശോചതി വിമുക്ത വിമുച്യ ൈ തംസിഷന്സുരന്ദരീക്ഷേതിഥ്യോമസം ഗോജ മധ്യേ വാമന വിശ്വേ അസ വിസ്രംസമാനസ േഹാ വിമുച്യമാനത്ര പരിശിഷ്യത്തിനേന മീവതി ക ഇതേണു ജീവസ് ഹത്ത പ്രവക്ഷ ഗുഹ്യം ബ്രഹ്മസന യഥാ മരണം പ്രാപ്യ ആത്മാവതി ഗൗതമ യോനി അന്യേ പ്രപദ്ധ്യത്തെ ശരീര സ്ഥാനം അന്യേനു സംയന്തിഥ്രുത സുക്തു ജാഗർ കാമം കാമം പുരുഷോ നിർമ്മിമാണ ുക്രമൃതോകാ ശ്രിതാതി കൈ തദ് അഗൈകോ ഭുവനം പ്രവിഷോ േസ്തൂതമാരൂപം ബായുയൈകോ ഭുനം പ്രവിഷ്ടോ ൂവസ്തൂതമാതിരുപോ ബ സൂര്യോ യഥോക ചക്ഷു ചാക്ഷുഷർബാഹ്യതോഷ്ടുഃഖേന വശീതം രുപം ബഹുധി സമാത്മസ്ഥം ശ്യേ ധീരാ താശ്വതം നേതരേഷേനശ്ചേദോ ബഹൂനോ വിദാതിക്കാമാൻ തമാത്മസ്ഥം യുപശ്യ ധീരാ താന്തി ശതീനേതം പരമം സുഖം കഥം നു തദ്യാ ഭാതി വിഭാതി വ നത്രത്ര സൂര്യോ ഭാതി നന്ദ്രതാരകം നേ ഭാതി കൂതോയഗ്നി തമേവൻ ഭതി തയ്യാസം വിഭാതി മന്ത്രം മുതൽ ഇവിടെ പറയുന്നത് പരമാത്മാവ് സർവഭൂതാന്തരാത്മാവ് എന്നാണ് സർവഭൂതാന്തരാത്മാവായി എങ്ങനെ മാറുന്നു അതാണ് ഈ മന്ത്രങ്ങളിലെല്ലാം വിശദീകരിച്ചത് പന്ത്രണ്ടാമത്തെ മന്ത്രത്തിലും അത് വിശദീകരിക്കുന്നു ആ ആത്മാവിന്റെ സർവാത്മഭാവത്തിന്റെ സാക്ഷാത്കാർ അതുകൊണ്ടെന്താണ് പ്രയോജനം എന്നുള്ളതും പറയുന്നു വശീ സർവൂതരാത്മാകം അരൂപം ബഹുധി തമാത്മസ്ഥം യേനു പശ്യധീരാം സുഖം ശാശ്വത നേതരേഷാം സഹി പരമേശ്വര സ്വതന്ത്രോമോ അഭ്യധികര അവൻ തന്നെയാണ് പരമേശ്വരനായിരിക്കുന്നത് അവൻ എന്ന് പറഞ്ഞ ആ സർവഭൂതാന്തരാത്മാവായിരിക്കുന്നു സർവരുടെയും അന്തരാത്മാവായിരിക്കുന്ന അവൻ തന്നെയാണ് പരമേശ്വരൻ സർവത്തിന് ഈശ്ചിതാവായിരിക്കുന്നവൻ സർവത്തെയും ഭരിക്കുന്നവൻ നിയന്ത്രിക്കുന്നവൻ അതുകൊണ്ട് തന്നെ സർവകഥ അവൻ സർവകഥനായിരിക്കുന്നു സർവവ്യാപിയായിരിക്കുന്നു സർവജീവന്മാരിലും വ്യാപിച്ചിരിക്കുന്നു എങ്കിലും അവന് ജീവന്മാരുടെ സ്വതന്ത്രനാണ് ഏക അവനേകനാണ് തസ്സമ അഭ്യതികോ വന്യോസ്തിരനായ ഒരു ഈശ്വരൻ അവന് തുല്യനായിട്ടില്ല രണ്ടീശ്വരൻ അങ്ങനില്ല അഭ്യധികവും അവനെക്കാൾ ശ്രേഷ്ഠനായ ഒരു ഈശ്വരൻ അതില്ല അന്യോസ്തി അതാണ് ഈ കഹ സർവഭൂതാന്തരാത്മാ എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം വശി സർവം ഹി അസ്യ ജഗത് വശേ വർത്തതെ സർവം ജഗത് സമ്പൂർണ്ണ ജഗത്തും അസ്യവശി അവന്റെ അധീനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വർത്തതെ സമ്പൂർണ്ണ ജഗത്തും അവൻ അധീനമാണ് കുത എന്തുകൊണ്ട് എന്തുകൊണ്ടങ്ങനെ സമ്പൂർണ്ണ ജഗത്തും അവൻ അധീനനായിരിക്കുന്നു പറയുന്നുരാത്മാർഭൂതങ്ങളുടെയും അന്തരാത്മാവായതുകൊണ്ട് അവളുടെ ഈ ജഗത്ത് അവനധീനമായിരിക്കുന്നു യഥ ഏകമേവ സേകരസം ആത്മാനം വിശുദ്ധവിജ്ഞാനൂപം നാമരൂപാതി അശുദ്ധ ഉപാധിഭേദവശേന ബഹുധ അനേക പ്രകാരം ഇ കരോതി സ്വാത്മസത്മാത്രേണ അചിന്യക്തിയേക ആ പരമാത്മാവേക സത് ഏകരസം സത്താണ് അതിന്റെ സ്വഭാവം സ്വരൂപം സത് ഏകരസം സത്താകുന്ന ഏകസ്വരൂപത്തോട് കൂടുവൻ ഏകരസം എന്ന് പറഞ്ഞാൽ ഏകസ്വരൂപം അങ്ങനെ ഒരേ ഒരു രൂപമേ ഉള്ളൂ സത് നാനാ രൂപങ്ങളില്ല സത് സത്വം ഉണ്മ അതാണ് അതിന്റെ സ്വരൂപം നിലനിൽപ്പ് ആ ഉണ്മ അതാണ് അതിന്റെ സ്വഭാവം അതിന്റെ സ്വരൂപം അതങ്ങനെയാണ് സത്തായിരിക്കുന്നതോ അതാണ് സത്യം അതുകൊണ്ടാണ് അതിന് സത്യം ആ സത്തിന്റെ സ്ഥിതി അതാണ് സത്യം ആ സത്തിന്റെ നിലനിൽപ്പ് അതിനാണ് സത്യം എന്ന് നമ്മൾ പറയുന്നത് അത് സത്യമാണ് സത് ഏകസ്വരൂപം എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് സത്തിന്റെ സ്വരൂപം എന്താണ് അത് സത്യം അത് സത്യമാണ് അങ്ങനെയുള്ള ആത്മാനം ആത്മാവിനെ തന്നെ വിശുദ്ധ വിജ്ഞാനരൂപം അത് വിശുദ്ധ വിജ്ഞാനരൂപത്തിലുള്ളതാണ് നാമരൂപാതി അശുദ്ധ ഉപാധിഭേദവശേന ബഹുധ അനേക പ്രകാരം ഏകരോതി നാമരൂപാതി അശുദ്ധ ഉപാധിഭേദവശേന നാമരൂപാധികളാകുന്ന അശുദ്ധ ഉപാധികളുടെ നാനാത്വമനുസരിച്ച് ഉപാധി ഭേദവശം ഉപാധി നാനാത്വത്തിനനുസരിച്ച് ആ വിശുദ്ധ വിജ്ഞാനസ്വരൂപനായിരിക്കുന്ന തന്നെ ബഹുധ പല പ്രകാരത്തിൽ അനേക പ്രകാരം യഹകരൂതി ആരാണോ സൃഷ്ടിക്കുന്നത് സത്താമാത്രനായിരിക്കുന്ന ആ പരമാത്മാവ് അശുദ്ധ ഉപാധികൾക്കനുസരിച്ച് നാമരൂപങ്ങളാകുന്ന നാനാ ഉപാധികൾക്കനുസരിച്ച് തന്നെ തന്നെ പലതായി സൃഷ്ടിക്കുന്നു ഏകനായിരിക്കുന്ന ഈ പരമാത്മാവിൻ ഇങ്ങനെ നാനാ രൂപത്തിലുള്ള സൃഷ്ടി നടത്തുന്നതിനുള്ള സാമഗ്രികൾ എവിടെ നിന്ന് വന്നു രണ്ടാമതൊന്നും ഇല്ലല്ലോ രണ്ടാമതവിടെ ഇല്ല ഏകൻ മാത്രമാണ് ഏകൻ മാത്രമായിരിക്കുന്ന അത് കേവലം സസ്വരൂപമായിരിക്കും അവിടെ ഈ അസത്തായിരിക്കുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനുള്ള നാമരൂപോപാധികൾ ഇവിടുന്നാണതിൽ വന്നുചേരുന്നത് എന്തിനു വേണ്ടി അത് സൃഷ്ടിച്ചു ഏകനായി സ്വരൂപസ്ഥിതനായി മുക്തനായിരിക്കുന്ന പരമാത്മാവ് എന്തിനു ആണ് ഈ സൃഷ്ടി നടത്തി ഈ സംസാരിയായി മാറിയത് ഇങ്ങനെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പരമാത്മാവ് സൃഷ്ടികർത്താവാണ് എന്ന് പറയുമ്പോൾ ധാരാളം ചോദ്യങ്ങൾ വരും എന്തിനു സൃഷ്ടിച്ചു എങ്ങനെ സൃഷ്ടിച്ചു എന്തായിരുന്നു അങ്ങനെ സൃഷ്ടിക്കാൻ എന്തെങ്കിലും ഒരു ഉപാധി ഈശ്വരനുണ്ടായിരുന്നുവെങ്കിൽ ഉടനെ അവിടെ ദ്വൈതം വരത്തില്ലേ ഈശ്വരൻ മുക്തനാണെങ്കിൽ സൃഷ്ടി കൂടാതിരുന്നാൽ മതി ആരും ബന്ധനത്തിലാകത്തില്ല ആർക്കും വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല പിന്നെ എന്തുകൊണ്ടിത് ഇങ്ങനെ സൃഷ്ടിച്ചു സ്വയം ബന്ധനസ്ഥനായിട്ട് പിന്നെ എന്തിനും മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്നു ഇങ്ങനെയൊക്കെ ധാരാളം ചോദ്യങ്ങൾ വരാം അതിന് സമാധാനമാണ് അടുത്തു പറയുന്നത് അസൃഷ്ടി എങ്ങനെ സ്വാത്മസത്ത മാത്രയാണ് ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യനോ മറ്റേതെങ്കിലും ജീവികളോ എന്തിനെങ്കിലും സൃഷ്ടിക്കും പോലെയല്ല സാധാരണ എല്ലാ സൃഷ്ടിയിലും എന്ത് വേണം സൃഷ്ടി സൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കളെ കുറിച്ചുള്ള ജ്ഞാനം സൃഷ്ടിക്കുന്നതിനുള്ള ആഗ്രഹം പിന്നെ സൃഷ്ടിക്കുള്ള പ്രവൃത്തി ഇത് മൂന്നും കൊണ്ടേ സൃഷ്ടി നടക്കത്തുള്ളൂ അങ്ങനെയുള്ള സൃഷ്ടിയാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഈശ്വരന്റെ സൃഷ്ടി അതിന്റെയൊന്നും ആവശ്യമില്ല അറിഞ്ഞ് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ജീവസൃഷ്ടിയല്ല ഈശ്വരന്റെ സൃഷ്ടി പിന്നെ എങ്ങനെയാണ് സ്വസത്ത മാത്രേണ് ഈശ്വരന്റെ കേവല സത്ത മാത്രം മതി ഈശ്വരന്റെ അസ്തിത്വത്തിൽ ഉണ്മയിൽ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഞാൻ ഇച്ഛാക്രിയ വ്യാപാരങ്ങൾ ജീവന്റെ വ്യാപാരങ്ങളൊന്നും ഈശ്വരന് ആവശ്യമില്ല അതാണ് ജീവസൃഷ്ടിയും ഈശ്വര സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെന്താണ് ഒന്നും ആവശ്യമില്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് മാത്രേണ സ്വാത്മസത്താ മാത്രം മാത്രേ ഉള്ളൂടെശ്വരന്റെ സത്തയിൽ ബാക്കി സർവവും സംഭവിക്കുന്നു കേവലം ഈശ്വര സത്ത മാത്രമാണ് എങ്കിൽ മറ്റുള്ള സർവവും സംഭവിക്കുന്നത് എങ്ങനെ എവിടെ എപ്പോ സംഭവിക്കും കാരണം സത്ത മാത്രമേ ഉള്ളൂ ഈശ്വരസത്ത മാത്രമേ ഉള്ളൂ അത് മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്ന കാര്യമില്ല ഒരിക്കലും പിടികിട്ടത്തില്ല ഇനി ഒരിക്കലും പിടികിട്ടാനും പോകുന്നു അതിനടുത്ത് പറയുന്ന അചിന്തിയ ശക്തിത്വ അചിന്തിയ ശക്തിയാണ് ഈശ്വരന്റെ അചിന്തിയ ശക്തിയെക്കുറിച്ച് മനുഷ്യന് ചിന്തിക്കാൻ സാധ്യമല്ല അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഇത്രയും ചിന്തിക്കാൻ പറ്റൂ അത് അചിന്തിയ ശക്തിയാണ് എന്നെ ചിന്തിക്കാൻ പറ്റും അതിനപ്പുറം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല എന്നർത്ഥം പിന്നെ മനുഷ്യൻ അവന്റെ ചോദ്യങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ വേണ്ടി പല അതും കൽപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ കൽപ്പിക്കുന്നുണ്ട് അത് കേവല സമാധാനത്തിന് വേണ്ടി മാത്രമാണ് പരമാർത്ഥത്തിനെന്താണോ എങ്ങനെ സൃഷ്ടി നടന്നു എന്നുള്ളത് സാധ്യമല്ല അത് അതിനെക്കുറിച്ച് പരമാവധി അറിയാൻ കഴിയുന്ന ഇത്രയും മാത്രം അചിന്തിയ ശക്തിത്വം ഈശ്വരൻ അചിന്തിയമായ ശക്തിയോടുകൂടിയവനാണ് വെച്ചാൽ ജീവന് ചിന്തിക്കാൻ കഴിയാത്ത ശക്തിയോടുകൂടിയവനാണ് ഈശ്വരൻ അചിന്തിയമായ ആ ശക്തിയെ ചിന്തക്ക് സ്വാധീനമാക്കി കഴിഞ്ഞാൽ അവ ജീവൻ അധീനമായി പോകും ഈശ്വരൻ ജീവന്റെ പരിഛിന്നമായിരിക്കുന്ന ബുദ്ധിക്ക് കീഴ്പ്പെടുന്നതാണ് ഈശ്വരന്റെ ശക്തിയെങ്കിൽ ഈശ്വരനെ അങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാൽ ഈശ്വരശക്തി അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ ഈശ്വരൻ ജീവൻ അധീനമായി പോകും ജീവനേക്കാൾ ജീവന്റെ പരിച്ഛിന്നമായ ബുദ്ധിയേക്കാൾ പരിച്ഛിന്നനായി തീരും ഈശ്വരന്റെ ശക്തി അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല സംഭവിക്കത്തില്ല ഈശ്വരന്റെ ശക്തി അചിന്തിയമാണ് ജീവന്റെ അല്പപ്രജ്ഞ കൊണ്ട് ൊരിക്കലും അതിനെ അളക്കാൻ കഴിയത്തില്ല അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അജിന്ത്യശക്തിത്വം അനന്ത ജീവന്മാരെ സൃഷ്ടിക്കുന്ന ഈശ്വരന്റെ ആനന്ദമായ ശക്തി ഏതെങ്കിലും ഒരു ജീവൻ ഒരിക്കലും സാക്ഷാത്കരിക്കാൻ കഴിയത്തില്ല ഒരിക്കലും അത് അചിന്തിയമായി അതുകൊണ്ട് എങ്ങനെ സൃഷ്ടി എന്തിനു സൃഷ്ടി എന്നുള്ള ചോദ്യങ്ങൾക്ക് പരമാർത്ഥത്തിൽ ഉത്തരമില്ല പരമാർത്ഥത്തിലില്ല എന്നാലും നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ വ്യാവഹാരികമായ ചോദ്യങ്ങൾ സമാധാനങ്ങളും സൃഷ്ടിക്കുകയാണ് ഒരു മനസ്സിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി പരമാർത്ഥമല്ലാതെ നമ്മൾ പറയുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഒറ്റ വാക്കൾ അജലിന്റെ ശക്തിത്വ അപരിമേയ അചിന്ത്യ അനന്ത എന്നെല്ലാം ഈ ശക്തി വിശേഷിപ്പിക്കുന്നത് അചിന്തിയ ശക്തിയോടുകൂടിയതാണ് അചിന്തിയ ശക്തി കൊണ്ട് ഈശ്വര സത്തയിൽ ഈ സൃഷ്ടികളെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് അതുകൊണ്ട് ഒരിക്കലും ഈ സൃഷ്ടിയുടെ രഹസ്യം ഒരു ജീവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരിക്കലും അവനും വെളിപ്പെടുത്തില്ല ഒരു കാലത്ത് കാരണം അതിനെ വെളിപ്പെടാൻ വേണ്ടി ജീവന്റെ കയ്യിലിരിക്കുന്ന ഉപകരണം അതിന് പര്യാപ്തമല്ല അതിനപ്പുറമാണ് അതിനും കാരണമായിരിക്കുന്നതാണ് ഈ ശക്തി ഈശ്വരീയ ശക്തി ഈശ്വരൻ ഈ സൃഷ്ടികൊണ്ട് വിശേഷിച്ചൊന്നും തന്നെ സംഭവിക്കുന്നില്ല ജീവന് ഒരു സൃഷ്ടി കൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും പുണ്യവും പാപവും ധർമ്മവും അധർമ്മവും എല്ലാം സംഭവിക്കും എന്തുകൊണ്ട് ജീവ സൃഷ്ടി ജ്ഞാനം ഇച്ഛ ക്രിയ ഇതിനെ മൂന്ന് ഇനി ആശ്രയിച്ചാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഈശ്വരന് ജീവന് സൃഷ്ടികൊണ്ട് പുണ്യഭാവങ്ങളെല്ലാം ഉണ്ടാകുന്നു ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ജീവന്റെ ഈ പരിച്ഛിന്നമായ ഭാവങ്ങളൊന്നും സൃഷ്ടിക്കാവശ്യമില്ല ഈശ്വര സത്തയിൽ ഇതെല്ലാം നടക്കുന്നു അതുകൊണ്ട് ഈശ്വരനിലൊരിക്കലും കർത്തൃത്വമില്ല സൃഷ്ടി ഒരിക്കലും ഈശ്വരനെ ബന്ധിക്കുന്നില്ല ജീവനെ അവന്റെ സൃഷ്ടി ബന്ധിക്കുന്നു ജീവൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൃഷ്ടി സംഭവിച്ചോ ആ സൃഷ്ടി ജീവന് ബന്ധനമായി തന്നെ തീരും ആ ബന്ധനത്തിൽ നിന്ന് മോചിക്കാൻ വേണ്ടി അവന് പരിശ്രമിക്കേണ്ടി വരും എന്തുകൊണ്ട് ജീവൻ സൃഷ്ടിക്കുന്നത് ഈ ഇച്ഛാജ്ഞാന ക്രിയകളിലൂടെയാണ് സൃഷ്ടിക്കുന്നത് ഈശ്വരന് ഈശ്വരന്റെ സത്ത സത്തയുടെ സാന്നിധ്യത്തിൽ ഈശ്വരന്റെ അചിന്ത്യമായ ശക്തിയിൽ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഈശ്വരൻ തന്റെ സൃഷ്ടിക്ക് അധീനനായി പോകുന്നില്ല ജീവനെപ്പോലെ മറിച്ച് ഇവിടെ പറഞ്ഞു വശി ഈശ്വരൻ വശിയായിരിക്കുന്നു തന്റെ സൃഷ്ടിയെല്ലാം തനിക്ക് അധീനമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു സ്വയം അധീനനാകുന്നില്ല ജീവൻ ഒരിക്കലും തന്റെ സൃഷ്ടിയെ തനിക്ക് അധീനമാക്കി വെക്കാൻ കഴിയില്ല മറിച്ച് താൻ അധീനമായി പോകും അതാണ് ജീവസൃഷ്ടിയും ഈശ്വര സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം അവിടെ ആ കേവല സത്തയിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ കേവല സത്തയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് പറയുന്നത് ഇത് പരമാർത്ഥത്തിൽ ഇത് നിലനിൽക്കുന്നില്ല കാരണം സത്താ മാത്രം എന്ന് രണ്ടാമതൊന്നില്ല രണ്ടാമതൊരു സൃഷ്ടിയില്ല ആ സത്താ മാത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടി ആ സൃഷ്ടി കർത്താവിൽ നിന്നും അന്യം അല്ല സ്രഷ്ടാവിൽ നിന്നും സൃഷ്ടി അന്യമല്ല അതുകൊണ്ട് ഈശ്വരനിൽ സൃഷ്ടി സംഭവിച്ചു എന്ന് കരുതിയാലും അവിടെ അദ്വൈതഹാനി സംഭവിക്കുന്നില്ല ജീവൻ എപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ദ്വൈതഭാവത്തിലാണ് അതിനാണ് നിലനിൽക്കുന്നത് എന്തുകൊണ്ട് ജീവൻ സൃഷ്ടിക്കുമ്പോൾ ആ ജീവന് സൃഷ്ടിക്കുന്ന ജീവന് സ്വയം അന്യഥാഭാവം വരും സൃഷ്ടിയിൽ നിന്നും അന്യതാഭാവം പിതാവ് പുത്രനെ സൃഷ്ടിക്കുന്നു പുത്രൻ വരെ പിതാവ് വേറെ വസ്തുക്കളെ സൃഷ്ടിക്കുന്നു ഭൗതിക വസ്തുക്കളെ സൃഷ്ടിക്കുന്നു ജീവന്മാർ സൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കൾ വരെ സൃഷ്ടാവ് വേറെ അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഉടൻ അന്യതാഭാവം പൃഥക്ഭാവം ജീവന് വരുന്നു അത് സമയം ഈശ്വരന് അങ്ങനെയല്ല ഈശ്വരന്റെ സൃഷ്ടിയിൽ എന്ത് സംഭവിക്കുന്നു ഈശ്വരൻ തന്റെ അചിന്തിയമായ ശക്തി കൊണ്ടാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് സൃഷ്ടിയിൽ നിന്നും അന്യത്വം ഈശ്വരനില്ല അതുകൊണ്ട് അവിടെ അദ്വൈതഹാനിയില്ല അതുകൊണ്ട് ജീവൻ എപ്പോഴും അദ്വൈതത്തിൽ നിൽക്കുന്നു ഈശ്വരൻ എപ്പോഴും അദ്വൈതഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അത് എന്തുകൊണ്ടങ്ങനെ വരുന്നു കേവലം സ്വസത്താ സാന്നിധ്യത്തിൽ ഈശ്വരന്റെ അചിന്തിയമായ സൃഷ്ടി ആ ശക്തി ഈ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അപ്പൊ അത് ആ പരമാത്മാവ് സർവഭൂതാന്തരാത്മാവായി സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കെ അത് സ്വസത്തുകൊണ്ട് തന്നിൽ നിന്നും ഭിന്നമല്ലാത്ത ആ സൃഷ്ടിക്ക് നിമിത്തവും ഉപാദാനവും എല്ലാം ആയിരിക്കുന്നു നിമിത്തകാരണനും ഉപാദാന കാരണനും രണ്ടും ആയിരിക്കുന്നു രണ്ടും ഈശ്വരൻ തന്നെയായിരിക്കുന്നു അങ്ങനെ വരെ സൃഷ്ടിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ജീവനിൽ ബന്ധമോക്ഷങ്ങൾ വരുന്നു ഈശ്വരന് സൃഷ്ടി സംഭവിച്ചാലും ബന്ധമോക്ഷങ്ങൾ സംഭവിക്കുന്നില്ല ആ സൃഷ്ടി അന്യമാകാത്തതുകൊണ്ട് ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നു സ്വസത്ത സാന്നിധ്യം മാത്രം നമ്മൾ രണ്ടും തമ്മിലോ വ്യത്യാസം അങ്ങനെയുള്ള തം ആത്മസ്ഥം സ്വശരീരഹൃദയാകാശ ബുദ്ധ ചൈതന്യാകാരേണ അഭിമ്യക്തം ഇത് തമാത്മസ്ഥം ആത്മസ്ഥനായിരിക്കുന്നു ഈശ്വരൻ ഈശ്വരനെ നേരത്തെ പറഞ്ഞു അത് ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന എന്താണ് ആത്മസ്ഥം തന്നിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന് പറഞ്ഞു അവിടെ എങ്ങനെ വീണ്ടും ഒരു ദ്വൈതം വന്നു നേരത്തെ പറഞ്ഞു താൻ തന്നെ ഇപ്പൊ പറയുന്നത് തന്നിൽ സ്ഥിതി ചെയ്യുന്നു തന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ താൻ വേറെ തന്നിൽ സ്ഥിതി ചെയ്യുന്നവൻ വേറെയാകും അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു പറയുന്നു സ്വശരീരഹൃദയാകാശി സ്വശരീരത്തിന്റെ സ്വന്തം ഹൃദയത്തിന്റെ ആശൂന്യതയിൽ അത് കേവല ശൂന്യമല്ല മറച്ചെന്താണ് ബുദ്ധവും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ബുദ്ധി എന്ന് പറയുന്ന ഒരു തത്വം അന്ധകരണവും പറയുന്ന ഒരു തത്വം അവിടെ എന്ത് ചെയ്യുന്നു ചൈതന്യാകാരേണ ബോധരൂപത്തിൽ അഭിവ്യക്തം സ്ഫുരിക്കുന്നത് അതുകൊണ്ടാണത് ആത്മസ്ഥു പറഞ്ഞത് തന്നിൽ സ്ഥിതി ചെയ്യുന്നവനെന്ന് ീശ്വരൻ തന്റെ അന്ധകരണത്തിൽ സ്ഫുരിക്കുന്നുണ്ട് എങ്ങനെ അറിവായി ബോധരൂപത്തിൽ പ്രകാശിക്കുന്നു അങ്ങനെ പ്രകാശിക്കുന്നവനായതുകൊണ്ട് ആ ഈശ്വരനെ തന്നിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നർത്ഥം തന അറിവ് തന്നിൽ പ്രകാശിക്കുകയാണ് താൻ പറയുന്നു തനിക്ക് അറിവുണ്ട് അപ്പോൾ തന്റെ ഉള്ളിൽ അറിവെന്ന് പറയുന്നത് ഒരു വെളിച്ചമായി തൻ്റെ ഉള്ളിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ വിഷയങ്ങളെയും അറിയാൻ നമ്മളെ സഹായിക്കുന്ന അറിവ് കേൾക്കാനും അനുഭവിക്കാനും എല്ലാം കാരണമായിരിക്കുന്ന അറിവ് ആ അറിവ് എന്താണ് ഈ ഹൃദയസ്ഥിതനായ ഈശ്വരന്റെ അഭിവ്യക്തിയാണ് പ്രകടമായ ഭാവമാണ് അതിന്റെ സ്ഫുരണമാണ് അങ്ങനെ ഉള്ളിൽ സ്ഫുരിക്കുന്നു എന്നാണ് അതാണ് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു ഈശ്വരൻ വാസ്തവത്തിൽ ഉള്ളും പുറവും ഇല്ലാത്തവനാണ് എന്നാലും നമ്മൾ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ് ഉള്ള് അപ്പോൾ നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ഉള്ളെന്ന് പറയുന്നത് അപ്പോൾ ഉള്ള് അതായത് നമ്മുടെ മനസ്സ് അതിൽ പ്രകടമാകുന്നവൻ അറിവായി സ്ഫിരിക്കുന്നവൻ അങ്ങനെ ഓരോ ജീവന്റെയും അന്ധകരണത്തിൽ മനസ്സിൽ ബോധമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അതിന് സർവാത്മഭാവം വരുന്നു എന്നാണ് നമ്മുടെ ഭാഷകാരൻ പറയുന്നത് ആധാരത്വം ആത്മനഹ ആകാശവ അമൂർത്തത്വ ഉള്ള് പുറം എന്നെല്ലാം പറയുമ്പോൾ സാധാരണ വസ്തുക്കളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നതുപോലെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഒരു വസ്തു ഉള്ളിലിരിക്കുന്നു എന്ന് പറയുന്നു കുടത്തിന്റെ ഉള്ളിൽ കലത്തിന്റെ ഉള്ളിൽ പാത്രത്തിനുള്ളിൽ ഒക്കെ വസ്തുക്കളെ വച്ചിട്ട് നമ്മൾ പറയുന്ന ഉള്ളിലിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ശരീരം എന്ന് പറയുന്ന ഒരു വസ്തു ഈ ശരീരത്തിനൊരു ഒരു ഉൾഭാഗം ഒരു പൊള്ളയായ ഭാഗം ഹൃദയാകാശം എന്നെല്ലാം പറയുന്ന ആ പൊള്ളയായ ഭാഗത്ത് നിന്നും പുറത്തേക്ക് വരുന്ന ഒരു പ്രകാശം പോലെ ആണ് ഈ ആത്മസ്ഫിരണം എന്നെല്ലാം നമ്മൾ ഭാവനയിൽ വരും എന്തുകൊണ്ട് നമ്മുടെ എല്ലാ ബോധവും ഭൗതിക വസ്തു ഭാവനയ്ക്കനുസരിച്ച് അവരെന്ന് ഭൗതികമായ വസ്തുക്കളെ കുറിച്ചുള്ള ബോധത്തിനനുസരിച്ച് നമുക്ക് ആത്മാവിനെ ചിന്തിക്കാൻ പറ്റും ഭൂതങ്ങളിൽ നിന്നും പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉണ്ടായതാണ് ഭൗതിക വസ്തുക്കൾ ഭൂത അതീതനാണ് ഈശ്വരൻ പക്ഷെ ഈശ്വരനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരറിവുണ്ടായാലും ആ അറിവ് നമുക്ക് ഈ വസ്തു ഭൂത സ്വഭാവം അനുസ് വസ്തുക്കളുടെ സ്വഭാവം അനുസരിച്ച് ഭൗതിക വസ്തുക്കളുടെ സ്വഭാവമനുസരിച്ചുള്ള നമ്മുടെ അറിവ് എന്ന് പറയുമ്പം കാലം ദേശം വസ്തുക്കൾക്ക് നമ്മളെങ്ങനെ അറിയുന്നു അതിൻ്റെ ആകൃതി അതായത് പരിണാമം അതിൻ്റെ പരിമാണം ആകൃതി ഖനം ഇങ്ങനെയാണ് വസ്തുക്കളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകുന്നത് കാലദേശങ്ങളോട് കൂടി ചേരുന്നത് എല്ലാം കൂടി ചേരുന്നാണ് വസ്തുബോധം ഉണ്ടാകുന്നത് അപ്പോൾ പരമാത്മാവിനെ കുറിച്ച് ബോധിപ്പിച്ചാലും നമുക്ക് ഈ വസ്തുബോധത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ ഈ വസ്തുക്കളിൽ ഉള്ളുണ്ട് പുറമുണ്ട് ഖനമുണ്ട് നീളമുണ്ട് വീതിയുണ്ട് രൂപമുണ്ട് വിശേഷാകൃതികളുണ്ട് ഈശ്വര ഭാവനയിലും ഇതെല്ലാം നമ്മളറിയാതെ വാസനയ്ക്കനുസരിച്ച് കടന്നു വരും അങ്ങനെയല്ല ഈ ഈശ്വര സ്വരൂപത്തെ ബോധസ്വരൂപത്തെ മനസ്സിലാക്കേണ്ടത് അവിടെ ഉള്ളും പർവൊന്നുമില്ല അതുകൊണ്ട് പറയുന്ന എന്താണ് ശരീരസ്യ ആധാരത്വം ആത്മനഹ എന്ന ആത്മാവിന് ശരീരം ഒരാധാരമാണെന്ന് സങ്കല്പിച്ചു കളയരുത് അങ്ങനെ സങ്കല്പിക്കരുത് എന്നർത്ഥം ഒരു വസ്തുവിൽ മറ്റൊരു വസ്തു വ്യാപിച്ചിരിക്കുന്നത് പോലെ ഈ ശരീരത്തിൽ ആത്മാവ് വ്യാപിച്ചിരിക്കുന്നുവെന്ന് ധരിക്കരുത് നമ്മൾ സാറിന പറയുന്നു എളിൽ എണ്ണ വ്യാപിച്ചിരിക്കുന്നത് പോലെ എന്നും മറ്റും പറയാറുണ്ടല്ലോ ഇപ്പൊ വസ്തുക്കളുടെ ആധാര അതേയഭാവം വ്യാപനശീലം അതുപോലെ വ്യാപിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് ഈ ആത്മചൈതന്യം എന്നൊരിക്കലും ധരിക്കരുത് അങ്ങനെ ഒരിക്കലും അത് വ്യാപിക്കത്തില്ല എളിൽ എണ്ണ വ്യാപിച്ചിരിക്കുന്നത് പോലെ പരമാത്മാവ് വസ്തുവിൽ വ്യാപിച്ചിരിക്കുന്ന അല്ല അതിന് വ്യാപിക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് കാരണം പറയുന്നു ആകാശ അമൂർത്തത് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു വസ്തു വ്യാപിക്കണമെങ്കിൽ അത് മൂർത്ത വസ്തുവായിരിക്കണം എന്ന് വെച്ചാൽ അതിന് പ്രത്യേകമായ ആകാരം പരിണാമം ഖനം ഭൗതിക സ്വഭാവങ്ങളെല്ലാം ഉണ്ടായിരിക്കണം പരമാത്മാവിന് ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള ഭൗതിക സ്വഭാവമുള്ളതല്ല ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കൾക്ക് ഭൗതിക സ്വഭാവങ്ങൾ ഉണ്ടാവും കാലദേശങ്ങളു പോലും ഭൗതികമാണ് അപ്പോൾ കാലദേശങ്ങൾക്കും അതീതനായിരിക്കുന്ന ഈ പരമാത്മാവ് അമൂർത്തമാണ് അമൂർത്തമായിരിക്കുന്ന ഒന്നിന് അങ്ങനെ വ്യാപിക്കാൻ കഴിയത്തില്ല നമ്മുടെ ശരീരത്തിൽ അതിന് ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ വ്യാപിച്ചിരിക്കുന്ന അല്ല അത് അപ്പൊ അതിനെ പരമാവധി നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കാരണം അമൂർത്തമായ വസ്തുക്കളെ നമുക്ക് പരിചയമുണ്ട് അമൂർത്തമായ ഏത് വസ്തുവിനെ പരിചയമുണ്ട് നമുക്ക് അമൂർത്തമായ ഒരേ ഒരു വസ്തുവിനെ നമുക്ക് പരിചയമുള്ളൂ വാസ്തവത്തിൽ ഗുണം നീളം വീതി പദാർത്ഥ ഗുണങ്ങൾ ആകൃതി മറ്റൊരു പരസന്ധ സ്പർശങ്ങൾ ഇതൊന്നുമില്ലാത്ത ഒരേ വസ്തു അതിനെ നമുക്ക് പരിചയമുള്ളൂ അതാണ് നമ്മുടെ അറിവ് അതാണ് ഈശ്വരന്റെ പ്രകട എന്ന് പറയുന്നത് അതാണ് ഇവിടെ അമൂർത്തം എന്ന് പറഞ്ഞിരിക്കുന്നത് ആകാശത്തെ പോലെ അമൂർത്തം അതിന് സമാനമായ ഒന്നാണ് ആകാശം പക്ഷെ ആകാശത്തിനൊരു ഗുണമുണ്ട് എന്താണ് അതിനും വസ്തുക്കൾക്ക് ഇടം കൊടുക്കുക എന്ന് പറയുന്നൊരു വിശേഷത അതിനുണ്ട് അത്ര ഒരു വിശേഷത പോലും കല്പിക്കാൻ വയ്യാത്ത ഒന്നാണ് ഇവിടെ പറയുന്ന ആത്മാവ് അതുകൊണ്ടാണ് ആകാശപത് ആകാശം എന്ന് തന്നെ പറയുന്നത് ആകാശ തുല്യമാണ് അത് പൂർണ്ണമായും അമൂർത്തമായ ഒരേ ഒരു വസ്തു നമ്മുടെ പരിചയത്തിലുള്ള ഒരേ ഒരു വസ്തു അറിവ് അപ്പോൾ അതിന് ഒരാധാരത്തിന്റെ ആവശ്യമില്ല അതിന്റെ ശരീരം ഒരിക്കലും അതിന്റെ ആധാരമല്ല ശരീരത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവല്ല പിന്നെ പരമാവധിയെക്കുറിച്ച് സങ്കല്പിക്കാമെങ്കിൽ ഈ ശരീരത്തെയും നിലനിർത്തുന്ന ഒരു വസ്തുവെന്ന് കൽപ്പിക്കാം ശരീരത്തെയും താങ്ങി നിർത്തുന്ന അതാണ് മറിച്ച് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നല്ല ശരീരം ഒരിക്കലും അതിൻ്റെ ആധാരമല്ല ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഒന്നല്ല വ്യാപിക്കണമെങ്കിൽ ഒരാധാരം വേണം ഈ ചൈതന്യം ശരീരമാകുന്ന ആധാരത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് കരുതൽ അതാണ് നഹി ശരീരസ്യ ആധാരത്വം ആത്മനഹ ആകാശാമൂർത്ത ം മുഖമിരി യുവത് ഇതുപോലെ വേണമെങ്കിൽ പറയാം നമുക്ക് കണ്ണാടിയിൽ കാണുന്ന മുഖം അത് കണ്ണാടിയിലിരിക്കുന്നു എന്ന് പറയുന്നുണ്ടെന്ന് ഒരു ദൃഷ്ടാന്തമായി പറയാം കണ്ണാടിയിൽ കാണുന്ന മുഖം കണ്ണാടിയിലിരിക്കുന്നു എന്ന് പറയുന്നു അവിടെ കണ്ണാടിയും മുഖവും തമ്മിൽ എന്താ ബന്ധമുള്ളത് മുഖം വാസവത്തിലിരിക്കുന്നത് ശരീരത്തിലാണ് ആ ശരീരത്തിലിരിക്കുന്ന മുഖം കണ്ണാടിയിലിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഉള്ളൂ ാത്മാവിരിക്കുന്നു എന്ന് പറയുന്നത് അത്രേ ഈ ശരീരവും ആത്മാവും തമ്മിൽ ബന്ധമുള്ളൂ ശരീരത്തിലാണ് മുഖം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കണ്ണാടിയിൽ ഇരിക്കുന്ന മുഖത്തിന് ആ കണ്ണാടിയുമായിട്ട് എന്താ ബന്ധമാണ് അതുപോലെ ഇരിക്കുന്നു എന്നർത്ഥം നമ്മുടെ കണ്ണാടിയിൽ മുഖം വ്യാപിച്ചിരിക്കുകയാണോ അല്ല കണ്ണാടി എന്ന് പറയുന്ന ഒരു ഉറച്ച പ്രതലത്തിൽ മുഖം എന്ന് പറയുന്ന രണ്ടാമതൊരു വസ്തു ഇരിക്കുകയാണോ അതുമല്ല എന്നാൽ കണ്ണാടിയിൽ മുഖം സ്ഥിതി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുമുണ്ട് അപ്പോൾ ആ കണ്ണാടിയും മുഖവും തമ്മിലുള്ള ബന്ധം എന്താണ് അതിന് ഇവിടെ പറയുന്നത് അനിർവചനീയം അത് നിർവചിക്കാനൊക്കത്തില്ല ഒരിക്കലും എത്ര തടവുക ഞാൻ ആലോചിച്ചാലും ഉത്തരം കണ്ടത്തില്ല കണ്ണാടിയും മുഖവും തമ്മിലുള്ള ബന്ധം നമുക്കെന്തെങ്കിലും വാക്കുകൾ കൊണ്ട് അതിന് പറയാം അത് വിശദീകരണമല്ല പ്രതിബിംബമാണ് ഈ ഒരു വാക്കുകളും എന്താണ് അതിന്റെ നിർവചനമോ വിശദീകരണമോ അല്ല ഒരിക്കലും നമുക്കതിന് യുക്തിയുക്തമായ ഒരു നിർണ്ണയത്തിലെത്താൻ കഴിയത്തില്ല ചില വാക്കുകൾ പ്രയോഗിക്കുകയല്ല അതുപോലെ ആകാശസ്ഥർപ്പണസ്ഥമായ മുഖം പോലെ ശരീരസ്ഥമായ ആത്മാവ് ആകാശസ്ഥമായ ആത്മാവ് എന്നെല്ലാം ഈ ആത്മാവിനെ പറയും എന്നേയുള്ളൂ അതുകൊണ്ടാണ് അതിനെ ഛായാവത്ത് ജീവൻ ഛായയെപ്പോലെ ഇരിക്കുന്നു എന്നെല്ലാം പറയും ഇങ്ങനെ അത് വിശദീകരിക്കുന്നതിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ എന്താണ് അതിനെ ഭൗതികമായ ഏതെങ്കിലും ഭാവന കൊണ്ട് ഗ്രഹിക്കരുത് മനസ്സിനെ ഭൗതികമായൊരു ഭാവനയിലൂടെ ആത്മാവിൽ ദൃഢപ്പെടുത്തരുത് അതൊന്നും ഒരു ഭാവനകളും അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതല്ല കാരണം ഒരിക്കലും അജ്ഞേയമാകാതെ സദാപ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ അറിവിനെ മറ്റേതെങ്കിലും തരത്തിൽ ഭാവന ചെയ്ത് മറച്ചു കളയരുത് നമ്മൾ ഏതെങ്കിലും ഭാവനകൾ കൊണ്ടുവരുമ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിവിന്റെ സ്വരൂപത്തെ മറച്ചു കളയുകയാണ് ചെയ്യുന്നു അറിവിനെ മറയ്ക്കുന്ന എന്താണ് സങ്കല്പങ്ങൾ സങ്കല്പങ്ങളാണ് ഭാവനകൾ മറ്റൊരിതത്തിൽ പറഞ്ഞാൽ ആത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നതാണ് ആത്മാവിന്റെ മറവ് അതാണ് ഏത് നിമിഷമാണോ ഒരു ജീവൻ തന്നെ അറിയാൻ ബോധിക്കാൻ ശ്രമിക്കുന്നത് ആശ്രമം സങ്കല്പാത്മകമായ ആശ്രമം അത് ആത്മാവിനെ മറവായി നിൽക്കും അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഭാവനകളും കൽപ്പനകളും ആത്മാവിനെ സംബന്ധിച്ച് പൂർണ്ണമല്ല പരിപൂർണമല്ല തം ഏതം ഈശ്വരം ആത്മാനം ഇങ്ങനെയുള്ള ഈ പരമാത്മാവിനെ നിർവചനാതീതമായിരിക്കുന്ന ഭാവനാതീതമായിരിക്കുന്ന കേവല ബോധസ്വരൂപനായ പരമാത്മാവിനെ നിവൃത്ത ബാഹ്യവൃത്തയോ അനുപശ്യന്തി നേരത്തെ പറഞ്ഞല്ലോ നിവൃത്ത ബാഹ്യവൃത്തി ആ പരമാവിന് അന്യഥാകരിക്കുന്ന ഒരു സങ്കല്പം അതാണ് ബാഹ്യവൃത്തി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സങ്കല്പം കൊണ്ട് അത് അന്യഥാകരിക്കപ്പെടുന്നു അന്യമായി പോകുന്നു അതിന് അങ്ങനെ ചെയ്യാതെ നിവൃത്ത ബാഹ്യവൃത്തി അങ്ങനെയുള്ള സർവ ബാഹ്യവൃത്തികളും നിവർത്തിച്ചവൻ അന്ധകരണത്തിന്റെ ഒരു സ്പന്ദനം പോലും ഇല്ലാതെ ഏതെങ്കിലും ഒരു സ്പന്ദനത്തിലൂടെ പോലും അതിനറിയാൻ ശ്രമിക്കാതെ ആരാണോ അനുവശ്യന്തി അതിനെ സാക്ഷാത്കരിക്കുന്നത് അങ്ങനെ ഒരു സാക്ഷാത്കാർ അജ്ഞാവസ്ഥയിലിരുന്ന് ധരിക്കാൻ കഴിയാത്തതായ ഒരു സാക്ഷാത്കാരം അങ്ങനെ ആരാണോ അതിനെ സാക്ഷാത്കരിക്കുന്നത് നിവൃത്ത ബാഹ്യവൃത്തയോ ബാഹ്യവൃത്തികളെല്ലാം ഉപശമിച്ച് ആരാണോ അതിനെ സാക്ഷാത്കരിക്കുന്നത് ഈ സാക്ഷാത്കാരം എന്ന് പറയുന്ന അങ്ങനെ ഒന്നുണ്ടോ പറയുന്നു ആചാര്യ ആഗമ ഉപദേശം അനു സാക്ഷാത് അനുഭവന്തി ഈ അനു എന്ന് പറയുന്ന ഉപസർഗന്ധനോട് ചേർത്ത് ഇവിടെ മന്ദിരത്തിൽ പറഞ്ഞു ആത്മസ്ഥ തന്നെ തന്നെ സ്ത്രീ അവനെ അനുപശ്യന്തി ആരാണോ അനു പശ്ചാതി എന്ന് പറഞ്ഞു അവൻ തുടർന്ന് സാക്ഷാത്കരിക്കുന്നു എന്ന് പറഞ്ഞു എന്തിനാ തുടർന്നു ആണ് പറഞ്ഞത് ആചാര്യ ആഗമ ഉപദേശം ആചാര്യന്റെ ആഗമത്തിന്റെ ഉപദേശത്തെ യഥാവത് ഗ്രഹിച്ച് അതിസൂക്ഷ്മമായി അന്തർമുഖമായി ആത്മസത്കരിച്ച് ആരാണോ അനുഭവന്തി അനുഭവിക്കുന്നത് അങ്ങനെ ആരാണോ അനുഭവിക്കുന്നത് തേഷാം അവർ അവരെങ്ങനെയുള്ളവർ ധീരാഹ അവരാണ് ധീരന്മാരെന്ന് പറയുന്നത് ധൈര്യശാലികൾ എന്ന് പറഞ്ഞാൽ വിവേകിന അങ്ങനെയുള്ള വിവേകമുള്ളവർ എന്തിനു വിവേയിക്കുന്നു അതിസൂക്ഷ്മായിരിക്കുന്ന ഈ ജഡവവൃത്തികളിൽ നിന്നും ആത്മസത്തയെ വിവേചിക്കുന്നവൻ ആ ബാഹ്യവൃത്തികളെല്ലാം ഇവിടെ പറഞ്ഞു നിവൃത്ത ബാഹ്യവൃത്ത് ആ ബാഹ്യവൃത്തികളിൽ നിന്നെല്ലാം നിവൃത്തനായവൻ അതാണ് വിവേകം സർവ ബാഹ്യവൃത്തികളിൽ നിവർത്തിക്കുന്ന സ്വരൂപസ്ഥിതി ആന്തരിക അവസ്ഥ അങ്ങനെയുള്ള വിവേകികൾ ദേഷാം അവരെങ്ങനെയുള്ളവർ പരമേശ്വര ഭൂതാനം അവർ പരമേശ്വരൻ തന്നെ പരമേശ്വര സ്വരൂപികളാണവർ ഈശ്വര സ്വരൂപികളാണ് അവർക്കെന്ത് സംഭവിക്കുന്നു ശാശ്വതം നിത്യം സുഖം അവർക്ക് ശാശ്വതമായ നിത്യമായ സുഖം എന്താ സുഖം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന സുഖമാണോ അല്ല ആത്മാനന്ദലക്ഷണം ആത്മസ്വരൂപമായിരിക്കുന്ന ആത്മാനന്ദം തന്റെ സ്വരൂപമായിരിക്കുന്ന നിജസ്വരൂപമായിരിക്കുന്ന ആ സുഖം അവർക്ക് ഭവിക്കുന്നു തേഷാം സുഖം അവർക്കേ സുഖമുള്ളൂ അത് ശാശ്വതമായ സുഖമാണ് ഒരിക്കൽ കൈവരിച്ചാൽ തന്നെ വിട്ടുപോകുന്നതല്ല അങ്ങനെയുള്ള നിത്യമായ അസുഖത്തെ അത് ആത്മസ്വരൂപം തന്നെ ആ സുഖം അതുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല ഇതരേഷാം മറ്റുള്ളവർക്ക് അതുണ്ടാകുന്നില്ല അങ്ങനെയുള്ള അപൂർവ ജീവന്മാർക്ക് ആ സുഹൃതമുണ്ടാകത്തുള്ളൂ ന ഇതരേഷാം ബാഹ്യ ആസക്ത ബാഹ്യ വിഷയങ്ങളിൽ ആസക്തമായ ബുദ്ധിയോടുകൂടി ചിന്തിച്ച് ഇച്ഛിച്ച് കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നവർ അവരാണ് ബാഹ്യാസക്ത ബുദ്ധികൾ അവർക്കിതുണ്ടാകുന്നില്ല അവിവേകിനരിൽ വിവേകം സംഭവിക്കുന്നില്ല ബാഹ്യവൃത്തികൾ നിവർത്തിക്കുന്നില്ല ഒരിക്കലും അത് സംഭവിക്കുന്നില്ല എന്താണിത് വലിയൊരു വിരോധാഭാസമാണല്ലോ എന്ന് പറയുന്നു സ്വാത്മഭൂതമി തന്നിൽ തന്നെ തന്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്നു എന്നിട്ടും എന്തു ചെയ്യുന്നു അവിദ്യ വ്യവധാന അവിദ്യ കൊണ്ട് ഇതിനെ മറച്ചിരിക്കുന്നു അവിദ്യ കൊണ്ട് ചെറിയൊരു മറവ് ആ മറവിനാണ് അവിദ്യ എന്ന് പറയുന്നത് ഈ ബോധവും ബോധമില്ലായ്മയും തമ്മിൽ ദൂരമില്ല രണ്ടു ഒരു സ്ഥലത്ത് തന്നെയാണ് നിക്കുന്നത് പക്ഷെ ആ വ്യവധാനം അതുള്ളടത്തോളം കാലം ഈ ബോധത്തെ കുറിച്ചൊരു ധാരണയില്ലാതെ പോകുന്നു അതാണ് സ്വാത്മഭൂതമി അറിവില്ലായ്മ അവിവേകം എവിടെ നിൽക്കുന്നു അത് തന്നിൽ തന്നെ നിൽക്കുന്നു അത് വേറൊരു സ്ഥലത്തല്ല തന്നിലാണ് നിൽക്കുന്നത് ആത്മാവിനെ കുറിച്ച് എന്ത് പറയുന്നത് താൻ തന്നെ എന്നും പറയുന്നു അതാണ് നമ്മൾ ഇല്ല വസ്തുക്കളിലാണ് ദേശഭേദമുള്ളത് ഇവിടെ ഇരിക്കുന്ന ഒരു വസ്തു വേറൊരു സ്ഥലത്തിരിക്കുന്നില്ല കാലഭേദം വരുന്നു ഇന്നലെയുള്ളത് ഇന്നില്ല ആത്മാവ് എന്താണ് ദേശകാലശൂന്യം ദേശകാലശൂന്യമായിരിക്കുന്ന ആത്മാവിലുള്ള അജ്ഞാനത്തിന്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ അവിടെ ം വരുന്നുണ്ട് അവിടെ ആത്മാവും അജ്ഞാനവും തമ്മിലൊരു ഇടയ്ക്കൊരു മറ്റൊന്നില്ല ഒരു അതിർ വരമ്പില്ല അതുകൊണ്ട് പറയുന്ന സ്വത്മഭൂതമവി അവിദ്യ വ്യവധാന അവിദ്യ വ്യവധാനം കൊണ്ട് അജ്ഞാന മറ കൊണ്ട് ഈ ബാഹ്യ ബുദ്ധികൾക്ക് ഇത് വെളിപ്പെടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാം ഈ ബാഹ്യ ആസക്ത ബുദ്ധി ആ ബാഹ്യ ആസക്തി പോയാൽ മതി ബുദ്ധിയുടെ ഇതിനുള്ളിൽ പ്രകാശിക്കുന്നതിന് ആ ബുദ്ധിയുടെ ബാഹ്യാസക്തി ബാഹ്യപുരത്തി അത് നഷ്ടപ്പെട്ടാൽ മതി അങ്ങനെ നഷ്ടപ്പെട്ടവർക്ക് ശാശ്വതം നിത്യം സുഖം ശാശ്വതമായ നിത്യമായ സുഖം കൈവരിക്കാം എന്നാണ് അതാണ് ഇതിന്റെ പ്രയോജനം ഇതിന്റെ ഫലം ആ മന്ത്രത്തിൽ ഏക ഇവനേകനാണ് വശി സർവത്തെയും സ്വാധീനമാക്കിയിരിക്കുന്നവനാണ് സർവഭൂതാന്തരാത്മാർവപ്രാണികളുടെയും അന്തരാത്മാവാണ് ഏകം വിരൂപം ഏകമായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തെ ബഹുദാ കരോ ബഹുദാ യഹ കം ആത്മസ്ഥം യേ ധീരാ അനുപശ്യ सुखं एको ീരാണ സുഖം एकम സൂതരാത്മാ എകം ബഹുധായ കോതി തമാത്മസ്ഥേനു പശ്യ ധീരാ ഖം ശാശ്വതം നേതരേഷേനശ്ചേദോ ബഹൂന യോ വിദാതിക്കാൻ സമാത്മസ്ഥം യേനു പശ്യം ശാന്തി ശാശ്വതേത നിത്യോ അവിനശി അനിത്യാശിനിക്കുന്നവനെല്ലാം നശിക്കാതിരിക്കുന്നവൻ നിത്യഹ അവിനാശി നശിക്കാത്തവൻ എവിടെ അനിത്യാന വിനാശന എവിടെ നാശം കാണുന്നുണ്ടോ അവിടെയെല്ലാം നശിക്കാതിരിക്കുന്ന ഒന്നുണ്ട് സർവനാശങ്ങളിലും നശിക്കാതിരിക്കുന്ന എന്താണ് ഒരു വസ്തുവിന് ഏതെല്ലാം രീതിയിൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ അഗ്നിയെ നശിപ്പിക്കാം അഗ്നി നശിപ്പഴിഞ്ഞ നമ്മളവിടെ ഒന്നും കാണുന്നില്ല അത് അന്തരീക്ഷത്തിൽ വിലയിച്ചു പോകുന്നു മറ്റു വസ്തുക്കളെ ഒക്കെ നശിപ്പിച്ചാൽ അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല അങ്ങനെ അഗ്നിയെ പോലും നശിക്കുന്നുള്ള നശിക്കാതിരിക്കുന്ന എന്താണ് വസ്തുവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന അതിന്റെ ഉണ്മ അത് നശിക്കുന്നില്ല അതാണ് നശിക്കാതിരിക്കുന്നത് സർവപരിണാമങ്ങളിലും ആ പരിണാമിയായി നിൽക്കുന്ന എന്താണ് വസ്തുവിന്റെ ഉണ്മ അത് ഒരിടത്തും നശിക്കുന്നില്ല അതായത് എവിടെയെങ്കിലും ഒരു വസ്തു നശിച്ചു എന്ന് കരുതണമെങ്കിൽ ആ വസ്തു നശിക്കുന്നതിന് ഭൗതികമായി ഒരു വസ്തു നശിക്കുന്നതിന് ഒരു ആധാരം വേണം ഒരിടം വേണം നശിച്ചു എന്ന് നമ്മൾ കരുതുന്നിടത്ത് ആ ഉണ്മ അത് നിലനിൽക്കും അസ്തിത്വം നിലനിൽക്കുന്നു അതാണ് നശിക്കുന്ന വൈയിലെല്ലാം നശിക്കാതെ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയും അങ്ങനെ സർവ്വനാശങ്ങളിലും നശിക്കാതെ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു വസ്തുവേ ഉള്ളൂ നമുക്ക് അനുഭവപ്പെടുന്നു അതാണ് അസ്തിത്വം വസ്തുവിന്റെ അസ്തിത്വം ആ വസ്തുവില്ലാതെ ആ വസ്തുവിന്റെ അസ്തിത്വം എങ്ങനെ സ്ഥിതി ചെയ്യും എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു എവിടെയാണോ വസ്തു നശിച്ചു എന്ന് കരുതുന്നത് അവിടെ അസ്തിത്വം സ്ഥിതി ചെയ്യുന്നു വസ്തു ഉണ്ടായിരുന്നപ്പോൾ എന്താണ് ആ വസ്തുവിനെ നമ്മൾ എങ്ങനെ അറിഞ്ഞിരുന്നു അസ്തിത്വത്തോട് ബന്ധപ്പെടുത്തിയാണ് അറിഞ്ഞിരുന്നത് അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ എന്ത് പറയുന്നു അഗ്നി ജ്വലിക്കുന്നു എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ അസ്തിത്വത്തെ നമ്മൾ അംഗീകരിക്കുകയാണ് അസ്തിത്വത്തിനോട് ചേർത്താണ് വസ്തുവിനെ അറിഞ്ഞത് അഗ്നി അഗ്നിസ്തി അഗ്നിണ്ട് ഉണ്മയോട് ചേർത്ത് വസ്തുവിനെ അറിയുന്നു ഉണ്മയോട് ബന്ധപ്പെടുത്തിയാൽ അത് ഒരു വസ്തുവിനെ നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല ആ വസ്തുവിന്റെ ഇല്ലായ്മയെ പിന്നെ അറിയുന്നു വസ്തു നമ്മൾ കരുതുന്നു ആ വസ്തുവിൽ അഗ്നി പോയി എവിടെ അഗ്നി പോയി എവിടെയാണോ അഗ്നിയുടെ ഇല്ലായ്മയെന്ന് നമ്മൾ ബോധിക്കുന്നത് അവിടെ എന്ത് വരുന്നു വീണ്ടും അസ്തിത്വം നിലനിൽക്കുന്നു അന്തരീക്ഷത്തിൽ അഗ്നിയുടെ ഇല്ലായ്മ വിറകിൽ അഗ്നിയില്ലാതെ ഇല്ലാതാകുന്നിടത്തും വീണ്ടും സ്ഥിതി ചെയ്യുന്നു എന്താണ് അസ്തിത്വം അസ്തിത്വം പിന്നെ എങ്ങനെ നിൽക്കുന്നു വരകിനെ ആശ്രയിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ അസ്തിത്വത്തെ ആശ്രയിച്ച് വരകിനെ നമ്മൾ അറിയുന്നു അസ്തിത്വത്തെ ആശ്രയിച്ച് ആകാശത്തെ അറിയുന്നു അപ്പോൾ അങ്ങനെ നശിക്കുന്ന സർവ്വ ഓരോ വസ്തുക്കളെ എടുത്തുകഴിഞ്ഞാലും വസ്തുവിനെക്കുറിച്ചും ആ വസ്തുവിന്റെ അഭാവം ഇല്ലായ്മ അല്ലെങ്കിൽ നാശത്തെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അവിടെ അസ്തിത്വത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ കഴിയും വേറൊരു തരത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ നമ്മൾ അറിയുന്നു അസ്തിത്വത്തോട് ബന്ധപ്പെടുത്തി പിന്നെ ആ വസ്തുവിന്റെ ഇല്ലായ്മ നമ്മളറിയുന്നു വേറെ തരത്തിലും വിശദീകരിക്കുന്നതാണ് ഒരു വസ്തു നശിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു ആ വസ്തുവിന്റെ ഇല്ലായ്മ സംഭവിച്ചു എന്നാണ് അപ്പോ എന്തോ അവിടെ മറ്റൊന്ന് സംഭവിച്ചിരിക്കുന്നു എന്താണ് ഇല്ലായ്മ എന്ന് വെച്ചാൽ ഇല്ലായ്മയുടെ അസ്തിത്വം അതാണ് പിന്നെ നമ്മളറിയുന്നത് അപ്പോ അസ്തിത്വം ഇല്ലായ്മ അറിയുന്നതും അസ്തിത്വത്തിന്റെ സഹായത്തോടു കൂടിയാണ് നാശാധികരണത്തിൽ അസ്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ അല്ലെങ്കിൽ അല്ലായ്മയോട് ബന്ധപ്പെടുത്തി അസ്തിത്വത്തെ മനസ്സിലാക്കുന്നു സൂക്ഷ്മമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു വസ്തുവിന്റെ നാശം ഒരു വസ്തു നശിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വസ്തുവിനെ നിഷേധിക്കുന്നു പക്ഷെ മറ്റൊന്ന് നമ്മൾ അംഗീകരിക്കുന്നു എന്താണ് വസ്തുവിന്റെ നാശത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ നാശത്തിന്റെ അസ്തിത്വത്തെ നമ്മൾ അറിയുന്നു എന്നാണ് അതുകൊണ്ടാണ് താർക്കികന്മാരും മറ്റും അഭാവം എന്ന് പറഞ്ഞൊരു പദാർത്ഥത്തെ സ്വീകരിക്കുന്നത് അവർ പറയുന്ന അഭാവം ഒരു പദാർത്ഥമാണെന്ന് അങ്ങനെ ആ ഒരു അഭാവത്തെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഈ താർക്കികന്മാരെല്ലാം അദ്വൈതികളായി മാറിയിട്ടുണ്ട് അവരെ ചിന്തിച്ച് ചിന്തിച്ച് ചെന്നു കഴിഞ്ഞപ്പോൾ അവസാനം ചെന്നെത്തിച്ചേർന്നത് അദ്വൈതത്തിലാണ് ഗൂതമന്റെയും കണാദന്റെയും അനുയായികളാണ് താർക്കിയന്മാരെന്ന് പറയുന്നത് അവരിങ്ങനെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പ്രപഞ്ചത്തെ പല പദാർത്ഥങ്ങളായി വിഭജിച്ച് ചിന്തിച്ച് അവരുടെ ചിന്ത വളരെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ആധുനിക കാലത്ത് ആ ചിന്തയുടെ ആധുനിക കാലത്തിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു അവരെല്ലാം അദ്വീതികളായി മാറി പ്രസിദ്ധന്മാരായ പല താർക്കിയന്മാരും കാരണം എന്തുകൊണ്ട് ഈ പദാർത്ഥങ്ങളുടെ സ്വഭാവം ആത്യന്തികമായി അനിർവചനീയമാണെന്നും ആ പദാർത്ഥങ്ങളുടെ ശൂന്യത ഇല്ലായ്മ പോലും അസ്തിത്വത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതെന്നും അവർക്കും കണ്ടെത്താൻ പറ്റി എന്നുവെച്ചാൽ യുക്തി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളവരെയാണ് താർക്കികന്മാരെന്ന് പറയുന്നത് അവരുടെ അത്രയും യുക്തി ഉപയോഗിക്കാൻ മറ്റാര്ക്കും കഴിഞ്ഞിട്ടില്ല അദ്വൈതികൾ പോലും അവരുടെ യുക്തിയെ കടമെടുത്താണ് യുക്തി പ്രയോഗിച്ചിട്ടുള്ളത് അവരും പറയുന്ന ഇതാണ് ഒരു ശൂന്യത ഒരു വസ്തുവിന്റെ നാശം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ അതൊരു വസ്തുവിനെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിയാലും ഒരു വസ്തു നശിച്ചുപോയാലും ഏത് തരത്തിലായാലും അല്ലെങ്കിൽ ഒരു വസ്തുവിൽ മറ്റൊരു വസ്തുവിന്റെ ഇല്ലായ്മയെ നമ്മൾ സങ്കല്പിച്ചാലും എങ്ങനെയായാലും ശരി ഇല്ലായ്മ നാശം അല്ലെങ്കിൽ അഭാവം എന്ന് പറയുന്നത് ഉണ്മയോട് ബന്ധപ്പെട്ടേ നിലനിൽക്കുന്നുള്ളൂ അസ്തിത്വത്തോട് അസ്തിവത്തോട് ബന്ധപ്പെട്ടേ നിലനിൽക്കുന്നുള്ളൂ പുസ്തകം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ പുസ്തകം ഇല്ലാത്ത ഒരു സ്ഥലത്ത് നോക്കി ഞാൻ പറയും എന്താണ് പുസ്തകത്തിന്റെ ഇല്ലായ്മ അവിടെ ഉണ്ടെന്ന് പറയും അപ്പോ ഇല്ലായ്മയെ നാശത്തെ ശൂന്യതയെ അസ്തിത്വത്തോട് ചേർത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആണിവിടെ പറയുന്നത് എന്താണ് സർവനാശങ്ങളിലും ഉള്ള ഉണ്മ വിനാശിന വിനാശിയായിരിക്കുന്ന സർവത്തിനോളം ഉണ്മ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അറിവ് ഒരു വൃത്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ അസ്തിത്വത്തിന്റെ സഹായത്തോടു കൂടി ഉണ്ടാകാൻ പറ്റൂ ചേതന ചേതന ബ്രഹ്മാധീനാം പ്രാണിന അതുപോലെ അറിവിനെ കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അറിവ് മറ്റൊന്ന് ക്രിയ അറിവിന്റെ സ്ഥൂലമായ രൂപയാണ് രൂപത്തെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത് പ്രവൃത്തി എന്ന് പറയുന്നത് സൂക്ഷ്മരൂപത്തിലിരിക്കുമ്പോൾ അതിന് അറിവെന്ന് പറയും സ്ഥൂല രൂപത്തിലാകുമ്പോൾ അതിന് ചലനം കർമ്മം പ്രവൃത്തി എന്ന് പറയും അറിവ് സ്ഥൂല രൂപത്തെ പ്രാപിക്കുന്നതാണ് അതാണ് അറിവിൽ നിന്നും സ്പന്ദിച്ച് ശക്തി ഉണ്ടായി എന്നും മറ്റും പറയും ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അത് പ്രാപിച്ചു കഴിഞ്ഞാൽ അത് കർമ്മമായി പ്രവൃത്തിയായി അങ്ങനെയുള്ള സർവ്വ പ്രവൃത്തികളും അറിവിനെ ആശ്രയിച്ച് നടക്കത്തുള്ളു ബോധത്തെ ആശ്രയിച്ച് പ്രവൃത്തിക്ക് നനകാൻ പറ്റും ഏതു തരത്തിലുള്ള പ്രവൃത്തിയായാലും ോധമായിരിക്കുന്നു ചേതനാനാം ചേതയിതൃണാം ബ്രഹ്മാതീനാം ചലനം ഉണ്ടെങ്കിൽ അവിടെ ചലിപ്പിക്കുന്ന ബോധം എന്റെ പിന്നിൽ ഉണ്ടാവും ചലിക്കാൻ കത്തില്ല പ്രപഞ്ചത്തിൽ എവിടെ ചലനം സംഭവിക്കുന്നുണ്ടോ ആ ചലനത്തിന് പിന്നിൽ ആ ചലിപ്പിക്കുന്ന ചേതയിതാവ് ചലിപ്പിക്കുന്നവൻ ബോധിപ്പിക്കുന്നവനെന്ന് പറഞ്ഞാലും ചലിപ്പിക്കുന്നവനെന്ന് പറഞ്ഞാലും അന്തിമമായ വിശകലനതകൾ ഒന്നു തന്നെ അങ്ങനെ ഒരാളുണ്ടായിരിക്കണം ബ്രഹ്മാധീനം പ്രാണിന നമ്മൾ സംസാരിക്കുന്നു ഇതൊരു ചലനമാണ് കേൾക്കുന്നു അതൊരു ചലനമാണ് ഈ ചലനം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം ആ ചലനത്തിന്റെ സൂക്ഷ്മരൂപമായ ബോധം പ്രവർത്തിക്കുന്നു എന്നാലേ സ്ഥൂല രൂപത്തിൽ പ്രകടമായ ബാഹ്യമായ ചലനം സംഭവിക്കട്ടുള്ളൂ അങ്ങനെയുള്ള ബ്രഹ്മാദീനാം പ്രാണിനാണ് അത് ഏതുപോലെ ഈ ബോധവും ചലനവും തമ്മിലുള്ള ബന്ധം വേർതിരിക്കാൻ വയ്യാത്ത ഒരു ബന്ധമാണ് അഗ്നി നിമിത്തം ഇവ ദാഹകത്വം ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണോ അഗ്നി അതിന്റെ ദഹനശേഷിയും പോലെ അഗ്നിയുടെ ദാഹകത്വം പറയുന്നത് അഗ്നിയുടെ ക്രിയയാണ് അഗ്നിയിൽ സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ദാഹകത്വം ദഹിപ്പിക്കുക അഗ്നി എങ്ങനെയുള്ളത് അത് പ്രകാശ രൂപത്തിലുള്ളൂ അഗ്നിയുടെ പ്രകാശവും അഗ്നിയുടെ ദഹനക്രിയയും പോലെയാണ് ഈ ജീവന്റെ ചൈതന്യവും ആ ജീവന്റെ ചലനവും രണ്ട് അഗ്നിയുടെ സ്വരൂപമായിരിക്കുന്നു എന്റെ പ്രകാശം ജീവന്റെ സ്വരൂപമായിരിക്കുന്നു അറിവ് അഗ്നിയുടെ പ്രകടമായ ഒരു ഭാവമായി വരുന്നു അതിന്റെ ദാഹകത്വം ദഹിപ്പിക്കൽ അതുപോലെ ജീവന്റെ പ്രകടമായ ഒരു ഭാവമായി വരുന്നു പ്രവൃത്തി അത് സ്ഥൂലമായ ശരീരത്തിന്റെ പ്രവൃത്തി സൂക്ഷ്മ ഇന്ദ്രിയങ്ങളുടെ പ്രാണന്മാരുടെ എല്ലാം പ്രവൃത്തി ആ ചൈതന്യത്തിന്റെ തന്നെ അഗ്നി നിമിത്തം ഇവ ദാഹകത്വം അഗ്നി നിമിത്തമായി ദാഹകത്വം നടക്കുന്നത് പോലെ സൂക്ഷ്മമായി ചിന്തിച്ചു ക്രിയയും അറിവും ഭേദമില്ല ബോധവും പ്രവൃത്തിയും തമ്മിൽ വാസ്തവത്തിൽ ഭേദമേ കാരണം കാരണം ബോധത്തിന്റെ തന്നെ സ്ഥൂല രൂപമാണെങ്കിൽ സൂക്ഷ്മകാരണവും സ്ഥൂല കാര്യവും തമ്മിൽ വ്യത്യാസമില്ല രണ്ടു ഒന്ന് തന്നെയാണ് അങ്ങനെ ഈ എന്താണ് അനിത്യവും നിത്യവും ക്രിയയും ബോധവും ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അനിത്യമായതെല്ലാം നിത്യത്തെ ആശ്രയിച്ചിരിക്കുന്നു നാശമെല്ലാം സത്യത്തെ ഉൾമയെ ആശ്രയിച്ചിരിക്കും ക്രിയകളെല്ലാം ബോധത്തെ ആശ്രയിച്ചിരിക്കുന്നു സ്ഥൂലമായ ദൃഷ്ടിയിൽ ഇത് രണ്ടാണ് നിത്യം വേറെ നാശം വേറെ ക്രിയ വേറെ ബോധം വേറെ ഇത് സ്ഥൂല ദൃഷ്ടി സൂക്ഷ്മമായ ദൃഷ്ടിയിലെന്ന് പറയുന്നത് ഇത് ഒന്ന് തന്നെ നാശം എന്ന് പറയുന്നത് ഉണ്മ തന്നെ ക്രിയ എന്ന് പറയുന്നത് ബോധം തന്നെ അറിവ് തന്നെ സൂക്ഷ്മമായ വ്യത്യാസമുണ്ട് അതാണ് ബ്രഹ്മാദീനാം പ്രാണിനാം അഗ്നി നിമിത്തം ഇത് കേട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല മനനം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അനഗ്നീനം ഉദഗാദീനാം ആത്മചൈതന്യനിമിത്തമ ചേതയതൃത്വം അന്യേഷാം അനഗ്നീനാം ഉദഗാദീനാ പറയുന്നു അഗ്നി നിമിത്തം ഇവ ദാഹകത്വം അനഗ്നീനം ഉദഗാധീനാം അങ്ങനെ ഒരു ഉദാഹരണത്തിനോട് പറയുന്നു ഉദകം ജലം ചൂടാക്കിയാൽ അതിനൊന്ന് വരുന്നു ചൂട് വരുന്നു ദാഹകത്വം അതിനും വരുന്നു എങ്ങനെ വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ തൊട്ടാലും കൈപോളും പക്ഷെ വെള്ളത്തിന് കൈയ്യെ പൊള്ളിക്കുന്ന ഒരു സ്വഭാവം ഇല്ല പക്ഷെ തിളച്ച വെള്ളത്തിൽ തൊട്ടാൽ കൈപൊള്ളുന്നു എന്തുകൊണ്ട് ആ വെള്ളത്തിൽ ദാഹകത്വം വന്നു ദഹിപ്പിക്കുക എന്ന് പറയുന്നൊരു സ്വഭാവം എങ്ങനെ വന്നു അഗ്നി നിമിത്തം അഗ്നി നിമിത്തമായിട്ട് അഗ്നിയിലിരുന്ന ആ ദാഹകത്വം വെള്ളത്തിലേക്ക് പകർന്നു വന്നു അതുപോലെ അനഗ്നീനം ഉദകാതീനം അഗ്നി അല്ലാത്ത ജലത്തിൽ എങ്ങനെയാണോ ദാഹകത്വം വരുന്നത് അതുപോലെ ആത്മചൈതന്യനിമിത്തമേവ ചേറി എതിർത്തും അന്വേഷണം ആത്മചൈതന്യനിമിത്തമായി ചൈതന്യം വരുന്നു അന്വേഷ ഇന്ദ്രിയങ്ങളിൽ മനസ്സിൽ ശരീരത്തിലെല്ലാം ചൈതന്യം വരുന്നു ബോധം വരുന്നു ശരീരത്തിൽ ബോധം വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരീരത്തിൽ സ്പർശിച്ചാൽ ഉടൻ അറിയുന്നു ശരീരത്തിൽ സ്പർശിച്ചു ശരീരത്തിൽ ബോധം വന്നിരിക്കുന്നു ശരീരത്തിൽ കുത്തിക്കഴിഞ്ഞാൽ ശരീരം വേദനിക്കുന്നു ശരീരത്തിൽ ബോധം വന്നു ഈ ബോധം ശരീരത്തിന്റേതല്ല പക്ഷെ ശരീരബോധം ശരീരത്തിലൂടെ ബോധം വരുന്നു ശരീരവും ബോധമയമായി തീരുന്നു അപ്പൊ ശരീരമാണ് അറിയുന്ന അപ്പോൾ എന്താ കൈ വേദനിക്കുന്നു കാല് വേദനിക്കുന്നു ശരീരം ബോധമയമായി തീർന്ന് ആ ശരീരത്തിലൂടെ ചേതന ഉള്ളിൽ പ്രകാശിക്കുന്നു ശരീരം അവിടെ ഒരു നിമിത്തമായി ഉപാധിയായിക്കൊണ്ട് അങ്ങനെ ശരീരത്തിന് ചേതൃത്വം വരുന്ന ഏതുപോലെ ശരീരത്തിന് ചൈതന്യ സ്വഭാവം വരുന്ന ഏതുപോലെ പറഞ്ഞു വെള്ളത്തിൽ ദാഹകത്വം വരുന്ന പോലെ ദഹിപ്പിക്കുന്ന വസ്തു അല്ല എങ്കിലും അത് വരുന്നു എന്നു പറഞ്ഞാൽ അത് വാസ്തവമല്ല അതുപോലെ ശരീരത്തിൽ വരുന്ന ഈ ചൈതന്യം വാസ്തവത്തിലുള്ള അല്ല പക്ഷെ എന്നാലും അത് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ കാലു വേദനിക്കുന്നു കൈ വേദനിക്കുന്നു എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ് അവിടെ ആ വേദനയെക്കുറിച്ചുള്ള ചേതന നമ്മുടെ ഉള്ളിൽ വരുന്നു ശരീരവുമായി ബന്ധപ്പെട്ട് ശരീരത്തിന്റേതായി അനുഭവപ്പെടുന്നു ആ ചൈതന്യം ശരീരത്തോട് താതാമ്യപ്പെട്ടിട്ട് അഗ്നി ജലത്തിനോട് താതാത്മ്യപ്പെട്ട് ആ ജലത്തെയും ദാഹകശക്തി ഉള്ളതാക്കി മാറ്റിയതുപോലെ എന്നാണ് ഇത് സർവത്ര സംഭവിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ ആകമാനം എവിടെയെല്ലാം ഈ പ്രപഞ്ചത്തിൽ ചലനം കാണുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കണം അവിടെയെല്ലാം ചേതനൻ തന്റെ ചൈതന്യത്തെ അങ്ങോട്ട് സംക്രമിപ്പിച്ചിരിക്കുകയാണ് ആ ചൈതന്യം സ്ഥൂലമായി ചലന രൂപത്തിലായി മാറി അതിന്റെ പിന്നിൽ ചേതനൻ ബോധസ്വരൂപൻ ബോധം കരിയായി പരിണമിച്ചിരിക്കുന്നു അത് പ്രപഞ്ചത്തിനാകമാണ് സൂര്യനും ചന്ദ്രനും എല്ലാം അവിടെ ചലിക്കുമ്പോഴെല്ലാം അത് സംഭവിക്കുന്നു വളരെ ലളിതമായി പറഞ്ഞാൽ അറിയാമെന്താണ് നമ്മുടെ ഉള്ളിൽ ബോധമില്ലേ നമ്മുടെ ശരീരത്തിന് ചലനമില്ല നമ്മൾ പറഞ്ഞു മരിച്ചുപോയി എന്ന് പറയും ശരീരത്തെ ചലിപ്പിക്കുന്ന ബോധമുണ്ട് നിലനിൽക്കുന്നില്ല ജഡമായി ശരീരത്തെ പിന്നെ ചലിപ്പിക്കണമെങ്കിൽ വേറൊരു ചേതനന്റെ സാന്നിധ്യം വരണം ആ ചേതനൻ തന്റെ ചൈതന്യത്തെ ഏതെങ്കിലും തരത്തിൽ ഇതിലേക്ക് നിവേശിപ്പിക്കണം എന്നാൽ ഇത് ചലിക്കത്തുള്ളൂ ഏതെങ്കിലും ഒരു ഉപാധിയിലുണ്ട് അതുകൊണ്ട് ആ ചേതനന്റെ സാന്നിധ്യത്തിനാണ് സർവത്ര ബോധവും ക്രിയയും രണ്ട് സംഭവിക്കുന്നത് അതിന്റെ സ്ഥൂലമായ ഭാവം മാറ്റം അത് സർവത്ര സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കിഞ്ച മാത്രമല്ല സർവീശ്വര ആ സർവജ്ഞനായിരിക്കുന്ന ആ സർവീശ്വരൻ കാമിനാം സംസാരിണാം എല്ലാ സംസാരികൾക്കും എന്ന് വെച്ചാൽ എല്ലാ ജീവന്മാരുടെയും കർമാനുരൂപം കർമ്മത്തിനനുസരിച്ച് കാമാൻ മുൻ കാമിക്കുന്ന കർമ്മഫലങ്ങളെ സുഖത്തെ ദുഃഖത്തെ സ്വ അനുഗ്രഹ നിമിത്താൻ സ്വാനുഗ്രഹ നിമിത്താൻ ആ പല ഫലങ്ങളും ഈശ്വര അനുഗ്രഹം കൊണ്ട് വന്നുചേരേണ്ടാണ് അങ്ങനെയുള്ള കർമ്മഫലങ്ങളെ കാമാൻ യഹു ാം അനേകേഷാം അനായാസേന വിദധാതി പ്രയച്ചതി ആ ഏകനായിരിക്കുന്ന പരമാത്മാവ് ഈ സർവജീവന്മാരുടെയും അനന്ത ജീവന്മാരുടെയും അനന്തമായ കാമങ്ങളെ സഫലീകരിക്കുന്നു എന്ന് വെച്ചാൽ അവർ കാമിക്കുന്ന കർമ്മ ഫലങ്ങളെ കൊടുക്കുന്നു കാമിക്കുന്ന ഫലത്തെ പ്രാപിക്കുന്നതിന് യോഗ്യമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ പ്രതിഫലമായിട്ട് ആ ഫലങ്ങളെ കൊടുക്കുന്നു അത് ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അനായാസേന അവിടെ പ്രവൃത്തിയുടെ ആവശ്യമുണ്ട് ആയാസം എന്ന് വെച്ചാൽ പ്രവൃത്തി അവിടെ ഈശ്വരന്റെ ആവശ്യമുണ്ട് അത് ഈശ്വരന്റെ നിയമം അനുസരിച്ച് പ്രവർത്തിച്ചോ ഈശ്വരൻ അതിനുവേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ആ നിയമം തന്നെ പ്രവർത്തിക്കുന്നു ഈശ്വര നിയമങ്ങൾ തന്നെ ആ കർമ്മത്തിന്റെ ഫലത്ത് കൊടുക്കുന്ന അവിടെ ഈശ്വരൻ ഫലത്തെ കൊടുക്കുന്നതിന് വേണ്ടി ഈശ്വരനിലൊരു പ്രയത്നത്തിന്റെ ആവശ്യമില്ല എന്നാണ് കാമാന്യ ഏകോ ഏകനായ ആ പരമാത്മാവ് ബഹുനാം അനേകേഷാം അനന്ത ജീവന്മാർക്ക് അനായാസേന പ്രയത്നം കൂടാതെ വിദാതി പ്രയച്ചതി നൽകുന്നു എന്നർത്ഥം അങ്ങനെയുള്ള പരമാത്മാവ് ആ പരമാത്മാവിനെ പറയുമ്പോ വീണ്ടും വീണ്ടും പറയും തം ആത്മസ്ഥം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ അനുപശ്യന്തി ധീരാഹാന്തി ഉപരതി വാസ്തവത്തിലുള്ള ഉപരതി എന്ന് പറയുമ്പോ അതാണ് ഉപരതി എന്ന് പറയുന്നത് സന്യാസം സമീക്കായി വരുന്ന ഉപരതി സന്യാസം എന്താണ് വൃത്തികളുടെ ഉപശമം സന്യാസം ആന്തരികമായ മനോവൃത്തികളുടെ അത് വരുമ്പോഴേ ശാന്തി വരത്തുള്ളൂ ശാശ്വതി നിത്യ നിത്യമായ ശാന്തി അശാന്തി എങ്ങനെയിരിക്കും സ്വാത്മഭൂത അത് പരമാത്മസ്വരൂപം തന്നെയാണ് ആശാന്തി ഇന്ന് ഇതരേഷാം അന്യർക്ക് അത് സംഭവിക്കുന്നില്ല അനീവം വിധാനം ഈ പറഞ്ഞ തരത്തിലല്ലാത്തവർ ഈ ബാഹ്യവൃത്തികൾക്ക് ഉപരതി സംഭവിക്കാത്തവർ ആത്മവിശ്രാന്തി തന്നിൽ തന്നെയുള്ള വിശ്രമം ലഭിക്കാത്തവൻ എന്നർത്ഥം അങ്ങനെയുള്ളവർക്ക് അനേവം വിധാനം അവർക്ക് ശാന്തി ലഭിക്കുന്നില്ല ഈ പറയുന്ന പരമമായ ശാന്തി ലഭിക്കുന്നില്ല എന്നർത്ഥം താത്കാലികമായ ശാന്തിക്കുള്ള ഉപായങ്ങളുണ്ട് അതുകൊണ്ട് അത് സാധിക്കാം പക്ഷേ ഈ പരമമായ ശാന്തി ഈ ഉപരതി കൊണ്ടേ സാധ്യമാകൂ വൃത്തികളുടെ ഉപശമം കൊണ്ടേ സാധ്യമാകത്തുള്ളൂ എന്നാണ് ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് വാസന തീർന്നിട്ടില്ല ഒരാൾ മരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു കർമ്മം തീർന്നിട്ടാണെന്ന് വാസന നിലനിൽക്കുമ്പോൾ എങ്ങനെ കർമ്മം തീരും ഈ വാസനയാണല്ലോ ഒരു തന്നെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിരുന്നു ശരിയാണ് പക്ഷെ കർമ്മം എന്ന് പറയുന്നത് പ്രത്യേകം പറഞ്ഞൊന്നാണ് പ്രാരബ്ധകർമ്മം പ്രാരബ്ധ കർമ്മം തീരുമ്പോ മരിക്കുന്നു അവിടെ വാസന തീരുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും ജനിക്കുന്നത് അത് സ്പഷ്ടമാണ് കർമ്മം തീരുമ്പോ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാരബ്ധ കർമ്മങ്ങൾ ആരബ്ധമായ കർമ്മങ്ങൾ ഈ ജന്മത്തിൽ ഈ ജീവന് ഫലം കൊടുക്കുന്നതിന് വേണ്ടി ഫലം കൊടുക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയ കർമ്മങ്ങൾ അതിനാണ് പ്രാരബ്ധകർമ്മെന്ന് പറയുന്നത് ആ പ്രാരബ്ധ കർമ്മങ്ങൾ ഒടുങ്ങുമ്പോൾ അതിനാണ് കർമ്മം പ്രാരബ്ധകർമ്മെന്ന് സ്പഷ്ടമായും പറഞ്ഞു ഒരേ കൂടി അത് ശ്രദ്ധിച്ചു കഴിഞ്ഞു അവിടെ വാസന നശിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു കാരണം പ്രാരബമല്ലാതെയുള്ള അനന്ത ജന്മങ്ങളിലെ കർമ്മങ്ങൾ വാസനാരൂപത്തിലിരിക്കുന്നു അത് നശിക്കുന്നില്ല അതുകൊണ്ട് വീണ്ടും നിലനിൽക്കുന്നു ആ വാസനകൾ അതുകൊണ്ട് വീണ്ടും ജനിക്കുന്നു അതുകൊണ്ട് വാസന നിലനിൽക്കുമ്പോൾ എങ്ങനെ കർമ്മം തീരും പ്രാരബ്ധ കർമ്മം ചെയ്യിക്കുന്നതിന് വാസന തടസ്സമല്ല അതുകൊണ്ട് അനന്ത ജന്മങ്ങളിലെ വാസന ഇരുന്നാനും പ്രാരബ്ധ കർമ്മം ക്ഷയിക്കു പോകും ജന്മ അവസാനം എന്ന് പ്രാരബ്ധ കർമ്മ അതുകൊണ്ട് ഇത് രണ്ടും രണ്ട് കാര്യമാണ് എന്നർത്ഥം ഈ വാസനയാണല്ലോ ഒരുത്തനെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അത് ശരിയാണ് അനേക ജന്മങ്ങളുടെ വാസന സഹജവാസനകൾ പലതരത്തിലുള്ള വാസനകൾ ആ വാസനകൾ അവനെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അതനുസരിച്ച് കർമ്മം ചെയ്യുന്നു അതെല്ലാം അത് സഞ്ചിതകർമ്മങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു ർമ്മങ്ങളായി മാറുന്നു അതെല്ലാം അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കർമ്മങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു അത് വരും ജന്മങ്ങൾക്ക് കാരണമായിരിക്കുന്നു പക്ഷെ കർമ്മം നശിക്കുമ്പോൾ മരണം സംഭവിക്കുന്നു പറഞ്ഞാൽ പ്രാരബ്ധകർമ്മം നശിക്കുമ്പോൾ മരണം സംഭവിക്കുന്നു പ്രാരബ്ധകർമ്മവും വാസനാരൂപത്തിലായിരിക്കും അതും വീണ്ടും വാസനാരൂപത്തിൽ സഞ്ചരിക്കപ്പെടുന്നു പക്ഷെ അങ്ങനെ സഞ്ചയിക്കപ്പെടുന്നതിൽ നിന്നും ഫലം കൊടുക്കുന്നതിനു വേണ്ടി അതിനെയും പറയുന്ന അഭിവ്യക്തി എന്നാണ് പ്രകടമാകുന്ന ഉന്മുഖമാകുന്ന അല്ലെങ്കിൽ വിഭാഗം സംഭവിക്കുന്ന കർമ്മങ്ങൾ വിഭാഗം എന്നും പറയും അങ്ങനെ സംഭവിക്കുന്ന കർമ്മങ്ങളെ കാണുമ്പോൾ പ്രാരബ്ധ കർമ്മങ്ങൾ അതിനെ മാത്രമേ വിളിക്കത്തുള്ളൂ ആ കർമ്മങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാരണം ശരീരം നിൽക്കുന്നു ആ കർമ്മങ്ങൾ നശിക്കുമ്പോൾ ശരീരം നാശം സംഭവിക്കുന്നു ആ കർമ്മങ്ങൾ ഈ ശരീരത്തിന് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ആ കർമ്മങ്ങൾ തന്നെയാണ് ഈ ശരീരത്തിന് കാരണം ഈ ശരീരത്തിന് നടക്കുന്ന പ്രവർത്തിക്കുന്ന കാരണം അതെ ഈ ശരീരത്തിൽ തന്നെ പൂർവ ജന്മങ്ങളുടെ സംഗീത കർമ്മങ്ങളിലിരിക്കുന്ന വാസനകൾ ഈ ശരീരത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ പക്ഷെ അതിന് പേര് മാറും അപ്പോൾ പറയുക അതിന് പ്രാരബ്ധം എന്ന് പറയും ഈ ശരീരത്തിലേക്ക് പ്രവർത്തിക്കുന്നതിന് സന്നദ്ധമാകുമ്പോൾ ഇതെല്ലാം വാസനകളാണ് രണ്ടായിത്തീരിക്കുന്നു ഈ ശരീരത്തിലിരുന്ന് ആർജിക്കുന്നത് ഈ ശരീരത്തിലിരുന്ന് പുതിയ വാസനകൾ ആർജിക്കുന്നു ഈ ശരീരത്തിലിരുന്നു കൊണ്ട് അത് ആഗാമി കർമ്മങ്ങളായിത്തീരുന്നു മറ്റുള്ളവയെല്ലാം പഴയ ആ വാസനകളിൽ നിന്നും ഈ ജന്മത്തിന് വേണ്ടി എടുത്തവയാണ് ആ എടുത്ത ആണ് പറയുന്നത് പ്രാരബം എന്ന് പറയുന്നത് ആ പ്രാരബം എന്ന് പറയുന്നത് ജന്മം ഉണ്ടായി ഉടനെ അങ്ങ് തീരുന്നതല്ല ജന്മം തുടങ്ങി മരണം വരെ ഈ പ്രാരബ്ധ കർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രാരബ്ധ വാസനകൾ നിലനിൽക്കുന്നു അതുതന്നെയാണ് ജന്മത്തിലെ എല്ലാ പ്രവർത്തിക്കും അടിസ്ഥാനപരമായ കാരണങ്ങളായി നിലനിൽക്കുന്നത് ഈ ജന്മത്തിൽ നിന്നും ഉണ്ടാകുന്ന നമ്മൾ സഞ്ചരിക്കുന്ന ഈ വാസനകളും തൽക്കാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതും പ്രവൃത്തിയെ പലതരത്തിലും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അതെല്ലാം ഉണ്ടായിരിക്കും ഉണ്ടായിരുന്നാലും മുഖ്യമായ ആധാരമായിരിക്കുന്നത് പൂർവ്വ ജന്മങ്ങളിൽ നിന്നും ഈ ജന്മത്തിന് അത് യോഗശാസ്ത്രത്തിനും മറ്റും പറയുന്നത് ഒരു ശരീരനാശം സംഭവിക്കുമ്പോൾ അനന്ത ജന്മങ്ങളിലെ വാസനകൾ ഈ ജന്മത്തിലെ പ്രവൃത്തികളും അതിന്റെ സംസ്കാരവും എല്ലാം വാസനാരൂപത്തിൽ പഴയതിനോട് ചേർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചേർന്നതിന് ശേഷം ഇതിന്റെ ആകത്തുകയിൽ നിന്നും അടുത്ത ജന്മത്തെ നിശ്ചയിക്കുന്നതാണ് ഇതുവരെ ചെയ്ത കർമ്മങ്ങളുടെ ആകത്തുകയും ഏതിനാണോ കൂടുതൽ ശക്തി വരുന്ന കർമ്മ സംസ്കാരം അതിനനുസരിച്ച് അതിനനുസരിച്ച് അടുത്ത ഒരു ജന്മത്തിനുവേണ്ടി കർമ്മങ്ങൾ പ്രകടമാകുന്നു ആ പ്രകടമാകുന്നതിന് പ്രാരമെന്ന് വിളിക്കുന്നു അത് ഒരു ശരീരനാശ സംഭവിക്കുമ്പോൾ അടുത്ത ജന്മത്തിന് വേണ്ടി ഉള്ള കർമ്മങ്ങൾ സ്വാഭാവികമായും ഫലം കൊടുക്കുന്നതിന് സന്നദ്ധമായി പ്രകടമായി വരും അതിനനുസരിച്ച് ജന്മം സംഭവിക്കുന്നു എന്നാണ് അതുകൊണ്ട് വാസന നിലനിൽക്കുമ്പോൾ എങ്ങനെ കർമ്മം തീരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാരബ്ധവാസന തീരുമ്പോൾ കർമ്മങ്ങൾ തീരുന്നു പ്രാരബ്ധമായ എല്ലാ പ്രവൃത്തികളും തീരുന്നു ശരീരം നശിക്കുന്നു വീണ്ടും വാസന നിലനിൽക്കും അത് വരും ജന്മങ്ങളിലേക്ക് അതുപകരിക്കും എന്നാണ് അതുകൊണ്ടൊരാൾ മരിക്കുന്നത് അയാളുടെ പ്രാരബ്ധകർമ്മം അവസാനിച്ചിട്ട് തന്നെയാണ് അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് ഈ സർവാത്മഭാവത്തിന്റെ ഫലമായി വരുന്ന ആ ശാന്തി അത് ആർക്ക് എങ്ങനെ കൈവരുന്നു എന്നുള്ള വിഷയമാണ് അതിനെന്താണ് ഉപായം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത് അഗ്നി പ്രവിഷ്ടൂപം പ്രതിരൂ ബഭൂവേകൂതരാത്മാ ൂതരാത്മാ അരൂപം പ്രതിപോ ബ സൂര്യോ യഥോക ചാക്ഷുഷർബാഹ്യ ദോഷ ഏകസ്തൂതരാത്മാ ലിപ്യത്തെകുഃഖേന ബാഹ്യ ശീ സർഭൂതരാത്മാ ഏകമോ തമാത്മസ്ഥേ പശ്യം സുഖം ശാശ്വത നേതരേഷേദനശേദ ഹൂനോ വിദാതി കാത്മസ്ഥം യേ നുപയധീരാതിന്തിന്തിന്തിന്തിന് ശതീനേതേത മന്യന് അനിർദ്ദേശ്യം പരമം സുഖം ീയാതിഭാതി വർത്തോ ഭാതി നന്ദ്രതാരകം നേമ വിദ്യുദോഭാതി കൂത്തയഗ്നി തമേവന്തുഭാതിസ സേഭാസ സർവമിദം വിഭാതി